കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് അവനാണ് അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ലൊരു കാറ്റിലൂടെ അവ അതിലൂടെ സഞ്ചരിക്കുകയും അതിലവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ ശക്തമായ കാറ്റും എല്ലാ ഭാഗത്തുനിന്നും തിരമാലകളും വരികയും തങ്ങൾ വളയപ്പെട്ടുവെന്ന് അവർ കരുതുകയും ചെയ്യുന്നു അപ്പോൾ അവർ അള്ളാഹുസുബാനഹുവ ടെല വീനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരിലായിരിക്കും